തിലാളനയാരജോന്ധോ നാദ്യൃതയ്ൈച്ച കഷ്ടശാത്തിന വ്യന്ധസഭവത്തനുമേവേ ചൈരപിശുനെസ്വസുത്തരനാതീപദ ദകഥയെ ദക്ഷയാഗം കഥ രണ്ടേ രണ്ട് ശ്ലോകം ഇവിടെ ഇതിന്റെ സാരം മാത്രം പറഞ്ഞു പോവാം പട്ടതിരി സാരത്തിനെ ഒരേ ഒരു വാക്കില് അടക്കി യനവ്യരുദ്ധനുമേവർവം ഭഗവത്തനുമേവർവം ഇവിടെ ശിവൻ ഭഗവാന്റെ തന്നെ സ്വരൂപം വേറെ ആരും അല്ല എന്ന് ദക്ഷയാഗം കഴിഞ്ഞ സന്ദർഭത്തിൽ ദക്ഷയാഗത്തിനെ ശിവപാർഷന്മാർ ദാക്ഷായണി ദേവി ശിവനെ ദക്ഷനപമാനിച്ചു രുദ്രഭാഗം കൊടുക്കാതെ യാഗം നടത്തി ദാക്ഷായണി ദേവി സതീദേവി അവിടെ വെച്ച് ദക്ഷിണ കുറച്ച് തത്വോപദേശവും ഒക്കെ ചെയ്തു യജ്ഞം എന്ന് വെച്ചാൽ അഹങ്കാരത്തിനെയാണ് യജിക്കേണ്ടത് വേറെ ഒന്നും യജിക്കാനില്ല ആ ഗ്രഹങ്ങളെ അഹങ്കാരത്തിന് യജ്ഞത്തിന്റെ പൊരുൾ തന്നെ ഗീതയിലൊക്കെ യജ്ഞ ശബ്ദം വരുമ്പോ ത്യാഗേനൈകെ അമൃതത്വമാനശുഹു അപ്പൊ ത്യാഗം ചെയ്യണത് എന്തിനാ കർമ്മം ചെയ്യും തോറും അഹങ്കാരവും വാസനയും ഏറിക്കൊണ്ടേ വരും കർമ്മം ചെയ്യാതിരുന്നാൽ കർമ്മം ചെയ്യാനുള്ള വാസന കെട്ടിക്കിടക്കും അതുകൊണ്ട് ഋഷികള് അതിനൊരു മാർഗം കണ്ടുപിടിച്ചു യജ്ഞം കർമ്മം ചെയ്ത് കർമ്മവാസനകളെ രചിക്കണം അതേസമയം പുതിയ വാസനകളോ അഹങ്കാരമോ ഉണ്ടാവാതിരിക്കണം അതിനെന്താണ് കർമ്മത്തിനെ യജ്ഞമാക്കി ചെയ്യ യജ്ഞമല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധിക്കും യജ്ഞം ഭഗവാന്റെ സ്വരൂപം എന്നുവെച്ചാൽ യജ്ഞത്തിലൂടെ ബ്രഹ്മാനുഭവം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ് യജ്ഞം ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞത് യജ്ഞം അല്ലാത്ത കർമ്മങ്ങളൊക്കെ ബന്ധിക്കും ഗീറ്റയിൽ ഭഗവാൻ ഇത് സുവ്യക്തമായിട്ട് പറഞ്ഞു യജ്ഞാർത്ഥാത് കർമ്മണോന്നയത്ര ലോകോയം കർമ്മബന്ധന യജ്ഞത്തിനായിക്കൊണ്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധിക്കും അങ്ങനെ ബന്ധപ്പെട്ടതാണ് ഈ ലോകം മുഴുവൻ സകല പേരും കർമ്മം ചെയ്യണത് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഓരോ കർമ്മവും ബന്ധിക്കുന്നു ഇതേ കർമ്മം തന്നെ യജ്ഞമായാൽ ആ യജ്ഞം ഭഗവതർപ്പണം ഓരോ കർമ്മവും ഭഗവതർപ്പണം ഭഗവത് പൂജ ഭഗവത് ആരാധന എന്നായിത്തീരുമ്പോ ഏത് കർമ്മം ബന്ധിക്കുമോ ആ കർമ്മം തന്നെ കർമ്മവാസനകളെയൊക്കെ ഒഴിച്ചു മാറ്റി യജിച്ചു മാറ്റി ചിത്തത്തിനെ തെളിച്ച് ഭഗവത് അനുഭവത്തിന് പരിപാകപ്പെടുത്തും അപ്പൊ അങ്ങനെയുള്ള യജ്ഞത്തിൽ അഹങ്കാരത്തിന് പശുവായിട്ട് ബലി കൊടുക്ക അതാണ് ശരിക്കുള്ള പശു ബലി അഹങ്കാരത്തിനെ അവിടെ ബലി അർപ്പിക്കണം ഭഗവാൻ അങ്ങനെ ചെയ്യേണ്ട യജ്ഞം പല യജ്ഞങ്ങളൊക്കെ തന്നെ അജ്ഞാനം കൊണ്ട് സ്വാർത്ഥമായിട്ട് മാറണം ഇപ്പൊ ലോകത്തിലൊക്കെ തന്നെ കാണാം ഏത് കർമ്മമാണെങ്കിലും പലപ്പോഴും സ്വാർത്ഥത്തിന് ഒരു യജ്ഞം നടത്തുന്നെന്ന് വെച്ചാൽ തന്നെ പേപ്പറിൽ വലിയ അഡ്വെർടൈസ്മെന്റും ഒക്കെ വരും ഇന്നയാളാണ് ചെയ്തത് ഇത്ര പണം കൊടുത്തു അതിലൊക്കെ ഇത് വന്നുപോകും എല്ലാത്തിലും സ്വാർത്ഥത വന്നു കൂടും ഇപ്പൊ ദക്ഷന് ഈ യജ്ഞത്തിന്റെ ഉദ്ദേശമേ ശിവദ്വേഷമായിരുന്നു ദക്ഷൻ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താണ് നല്ല കഴിവുള്ള ആള്ന്നർഥം ദാക്ഷ്യം എന്ന് വച്ചാ കഴിവുള്ള ആള് ആ കഴിവിനോടൊപ്പം തന്നെ ശിവദ്വേഷം വന്നു ഭഗവത്വേഷം വന്നു ഭഗവത് അർപ്പണമല്ല കർമ്മം അങ്ങനെ ആയതുകൊണ്ടാണ് ആ ദക്ഷയാഗം അവസാനിച്ചത് സതീദേവി ദക്ഷനോട് പറഞ്ഞു പകുതിയിൽ വെച്ച് ഭംഗമായി സതി ദക്ഷനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ എന്ന് വിളിച്ചില്ല ഏ അഹങ്കാരിയായ ദ്വിജൻ ബ്രാഹ്മണൻ ആരോടാണ് അങ്ങക്ക് യസ്സി അസ്ത്യതിശായന പ്രിയാപ്രിയോ വേഹഭൃതാം സകല ശരീരത്തിനും അധ്യക്ഷനായി ശരീരത്തിനകത്ത ആത്മാവായിരിക്കുന്ന ഭഗവാനോട് അപ്രിയം വച്ചിട്ട് അങ്ങക്ക് എന്ത് കിട്ടാനാ സർവപേരും ആരെ പ്രിയനായി കരുതുന്നുവോ ആ ഭഗവാനോട് അങ്ങല്ലാതെ വേറെ ആരെങ്കിലും ദ്വേഷിക്കോ യക്ഷരം നാമ ഗിരേരിതം നൃണാം സഹൃപ്രസംഗാഘമാശുഹന് തത് പവിത്രകീർത്തിശാസനം ഭവാനോ ദ്ഷ്ടി ശിവം ശിവേതരാ ശിവനാമത്തിന്റെ മഹിമയെ ഭാഗവതത്തില് രക്ഷയാഗ സന്ദർഭത്തില് സതീദേവി തന്നെ വ്യാഖ്യാനിക്കുകയാണ് ഒരു നാമത്തിന്റെ മഹിമ അതിനോട് പ്രിയമുള്ളവർക്കേ അറിയുള്ളൂ പ്രിയമില്ലാത്തവര് അതിനെ പുച്ഛിച്ചു അപ്പൊ ദക്ഷനോട് സതീദേവി തന്നെ ആ നാമത്തിന്റെ മഹിമയെ എടുത്തു പറയുന്നു യക്ഷരം രണ്ടേ രണ്ട് അക്ഷരം ആ രണ്ടക്ഷരത്തിന് എന്തു മഹിമയാളുള്ളത് എന്ന് വെച്ചാൽ ഗിരേരി സഹൃത് ഒരേ ഒരു പ്രാവശ്യം ശിവ എന്ന് പറഞ്ഞാൽ മതി ശിവ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാൽ നമുക്ക് മലയാളികൾക്ക് തന്നെ പ്രത്യേകിച്ചൊരു സ്വഭാവം ഉണ്ട് ശിവശിവ അല്ലെ അത് നമ്മുടെ ഭട്ടതിരിക്കും അതുകൊണ്ട് രാമായണം കഥ പറയുമ്പോ നമ്മൾ കാണാം സീതയെ കൊണ്ട് കാട്ടിലാക്കി രാമൻ രണ്ടാമതും എന്ന് പറയുമ്പോ ഭട്ടതിരി പറഞ്ഞു ശിവശിവില ശിവശിവ ഭഗവാനെ എങ്ങനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടുവല്ലോ എന്നാണ് അപ്പൊ ഈ ശിവശിവ എന്ന് വെച്ചാൽ അപ്പ ആ അവസാനിച്ചു എന്നർത്ഥം സഹൃത് ഒരേ ഒരു പ്രാവശ്യം ശിവശിവ ഈ ശിവശിവന്നേ പറയുള്ളൂ നമ്മളെ ശിവ ശിവ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അല്ലേ അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ശിവ എന്ന് വെച്ചാൽ ശിവൻ ശിവ എന്ന് വെച്ചാൽ ദേവി രണ്ടും രണ്ടായിട്ട് നിർത്താതെയാണ് ശിവശിവ ശിവശിവ ശിവശിവ അതിൽ രണ്ടും കൂടെ ചേർന്നു ശിവശിവ ശിവ എന്ന് വെച്ചാൽ അംബികയാണ് ശിവ എന്ന് വെച്ചാൽ ഈശ്വരൻ അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ശിവശിവ ശിവശിവ അപ്പോ ദേവി പറയുന്നു സകലവേദങ്ങൾക്കും സാരമായിട്ടുള്ള നാമം അഞ്ചു മുഖങ്ങൾ ഉപനിഷത് സ്വരൂപം കൂർമാവതാര സന്ദർഭത്തില് വിഷം വരുമ്പോ ദേവതകൾ പോയി സ്തുതിക്കുമ്പോ ഭഗവാനോട് പറയുന്നു മുഖാനി പഞ്ചോപനിഷത്തങ്ങയുടെ അഞ്ചു മുഖങ്ങളും അഞ്ചു ഉപനിഷത്തുകളാണ് പ്രധാനമായ അഞ്ചു ഉപനിഷത്തുകളാണ് അഞ്ചു മഹാവാക്യങ്ങളാണ് നാലു മഹാവാക്യങ്ങളും അവസാനത്തെ പ്രപൂഢമായ മഹാവാക്യമായ സർവം ഖലുവിതം ബ്രഹ്മ എന്നീ അഞ്ചെണ്ണത്തും അഞ്ചെണ്ണവും അഞ്ചു മുഖങ്ങളായിട്ട് ഭഗവാന് നിൽക്കണം ദേവി ഇവിടെ പറഞ്ഞു നാലുവേദത്തിനും സാരമായി യജുർവേദം യജുർവേദത്തിലോ രുദ്രേകാദശി രുദ്രത്തിലോ സോമായ എന്ന അനുവാഗം അതിൽ നിന്നടുവിൽ പഞ്ചാക്ഷരം ത ശിവരദ്വയവിടെ രണ്ടേ രണ്ട് അക്ഷരം ശിവ ആ രണ്ടരത്തിനെ ദ്വേഷിച്ചാൽ തനിക്ക് എവിടുന്നു മംഗളം വരും യക്ഷരം ഗിരേരി തൃണ സസംഗാ അഗമാശുഹി തത് പവിത്രകീർത്തി അലംഘ്യശാസനം ഭവാഹോ ദ്ഷ്ടി ശിവം ശിവേത രണ്ടു നാമമാണ് വളരെ ഉയർന്ന തലത്തില് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ മന്ത്രം മന്ത്രമാവുമ്പോ ഉപദേശം വേണം എന്നൊക്കെ ഉണ്ട് ഇത് ഒരു ഉപദേശവും ഇല്ലാതെ സംസാര സമുദ്രത്തിനെ കരയേറ്റാനായിട്ട് സകല ഋഷികളും വിധിച്ചിട്ടുള്ള രണ്ടു നാമം ഒന്ന് രാമനാമം രാമ അയിന് ഓമോ ആവശ്യമില്ല ബീജാക്ഷരം ആവശ്യമില്ല നമഹ എന്ന് പറയേണ്ട ആവശ്യമില്ല ഒന്നും വേണം ആർക്കും ചൊല്ലാം താരകമന്ത്രം എന്നേ പേര് രണ്ട് ശിവശിവ അത് ശീതള മന്ത്രമാണ് മറ്റേത് അഗ്നിബീജമാണ് ഇത് നല്ല കുളിർത്ത മന്ത്രമാണ് അതുകൊണ്ട് ഒരു സമ്പ്രദായമേ കൊണ്ട് ധാരാളം ശിവശിവ മന്ത്രം ജപിച്ച ശേഷമേ രാമനാമം ജപിക്കുകയുള്ളൂ അത്രേ എന്താന്ന് വെച്ചുള്ള ബീജം തന്നെ അഗ്നിയാണ് രാമ ആ അക്ഷരം തന്നെ കണ്ടാൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ട് െന്ന് പറമ്പന്നെ ഒരൊരയുമ്പോ ശബ്ദം ഉം വേദമന്ത്രങ്ങളിലൊക്കെ അഗ്നി പ്രധാനമായിട്ടുള്ള മന്ത്രങ്ങളിൽ ഈ രേഭം ധാരാളം വരും ശംനോ മിത്ര ശം വരുണ ശംനോ ഭവത്വര്യമ ശംന ഇന്ദ്രോ ശംനോ വിഷ്ണുരുരുക്രമ ഒരുപാട് രേഭം അതിൽ വരും അഗ്നി ബീജമാണ് അതിൽ മുഴുവൻ ഫ്രിക്ഷൻ ഉണ്ടാ അക്ഷരം ആ ശബ്ദം ഉണ്ടാകുമ്പോ തന്നെ അന്തരീക്ഷത്തിൽ അഗ്നി ഉണ്ടാവും ഇത് ഫ്രിക്ഷനെ ഇല്ല ശിവശിവ ശിവശിവ തണുക്കും തണുക്കും അപ്പൊ ആ ശിവനാമം തണുപ്പിക്കാം മനസ്സിനെ ശമിപ്പിക്കാം രാമനാമം ശക്തി ഇത് ശിവം എന്ന് വെച്ചാൽ തന്നെ അടങ്ങിപ്പോയി അപ്പൊ ദക്ഷൻ കൂത്ത് കളിക്കുമ്പോ ശിവൻ അങ്ങനെ ഇല്ല അപ്പൊ ദേവി ദക്ഷനോട് പറഞ്ഞു ഈ ശരീരം ഞാൻ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല ഗുരുവിനെ എവിടെ ദ്വേഷിക്കണവോ ഈശ്വരനെ എവിടെ ദ്വേഷിക്കണോ അവിടെ ഭക്തന്മാര് പോയി നിക്കരുത് അവിടെ ദേവി നമുക്കൊക്കെ തരണ ഒരു ഉപദേശം സാധകന്മാരായിട്ട് ഭഗവത് സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരമേ ലക്ഷ്യം എന്ന് കരുതികൊണ്ടിരിക്കുന്നവര് ഒരിക്കലും ശിവദ്വേഷമോ ഗുരുദ്വേഷമോ ചെവിക്കൊള്ളരുത് ഗുരുദ്വേഷമോ ഭഗവദ്വേഷമോ എവിടെയെങ്കിലും നടക്കണമുണ്ടെങ്കിൽ അതിന്റെ അടുത്തുകൂടെ പോകരുത് അത് ദൂരത്തു നിന്നുപോലും കേൾക്കരുത് ചെവി കൊത്തിക്കൊണ്ട് അവിടുന്ന് ഓടണം കഴിയുമെങ്കിൽ പറയണ ആളെ ഒരടിയെങ്കിലും കൊടുക്കണം ദേവി പറയാണ് നാക്ക് വെഴുത്തെടുക്കണം അല്ലെങ്കിൽ സ്വയം ശരീരം ഉപേക്ഷിക്കണം അത് കേൾക്കേണ്ട ഒരു ഗതികേട് വന്നാൽ ആ ശരീരം വെച്ചുകൊണ്ടിരിക്കരുത് ഗോത്രം ത്ദീയം ഭഗവാൻ വൃഷധ ദാക്ഷായണീത്യാഹയത്തോ സുദുർമന വ്യപേത നർമ്മ സ്തമാശു തഹം വ്യുത്സൃക്ഷയേ തണപം ദക്ഷനോട് ദേവി പറയാണ് ഈ ശരീരം ഇത് ശരീരമല്ല ദേഹം ദേഹമല്ല ശരീര ഉള്ളതുകൊണ്ട് ശരീരം ദേഹി ഉള്ളത് ദേഹം വേറെ അർത്ഥമുണ്ട് ദഹിച്ചു പോകുന്നത് എന്ന അർത്ഥമുണ്ട് ദേവി പറയുന്നത് ഇത് ശരീരമല്ല ശരീരം എന്ന് പറയണമെങ്കിൽ അതിൽ ശരീരം ഉണ്ടാവണം ദേഹം എന്ന് പറയണമെങ്കിൽ അതിൽ ദേഹി ഉള്ളത്തോളം അമ്പലം അവിടെ ഭഗവാൻ ദേഹി ഇല്ലെങ്കിൽ ആത്മാ ഇല്ലെങ്കിൽ അത് എന്തിനു കൊള്ളും കൈലാസത്ത് നിന്നും പറഞ്ഞാ കേൾക്കാതെ ദക്ഷയാഗത്തിന് പുറപ്പെട്ടപ്പോ ഭഗവാൻ പുറകെ കൂടെ വിളിച്ചു അത്രേ അല്ലെങ്കിൽ ശോഭനെ മംഗളസ്വരൂപിണി ഭദ്രെ സതി എന്ന് വിളിക്കുന്ന ശിവൻ പറഞ്ഞാൽ കെക്കാതെ പുറപ്പെട്ടപ്പോ ദാക്ഷായണീത്യാഹയതോ സു ദുർമന ഹേ ദാക്ഷായണി എന്ന് വിളിച്ചു നെച്ചാൽ ദക്ഷന്റെ മകനാ മകളാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് പോണത് ദക്ഷന്റെ അംശമുണ്ട് അതുകൊണ്ട് ദേവി പറയുന്നു എനിക്കും അറിഞ്ഞില്ല അവരവർക്ക് അറിയില്ല അവരവരിൽ എന്തെന്ത് അംശമുണ്ട് മറ്റുള്ളവർക്ക് നല്ലവണ്ണം അറിയാം അപ്പൊ ദേവി പറഞ്ഞ ഈ ശരീരത്തിൽ ദക്ഷന്റെ അംശമുണ്ട് ദക്ഷന്റെ അംശമുള്ള ഈ ശരീരം ഞാൻ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല ഭഗവത് ദ്വേഷം ചെയ്ത് ഭഗവാനോട് വിരോധം കല്പിച്ച ഈ ദക്ഷന്റെ ഈ കുണപം എന്ന് വെച്ച ശവം അത് ശരീരമല്ല ദേഹമല്ല ഇത് ഇത് ശവം ഈ കുണപത്തിനെ ഞാനിനി വെച്ചുകൊണ്ടിരിക്കില്ല കുണപം ത്വതംഗജം അങ്ങയുടെ അംഗത്ത് ജനിച്ചതായിട്ടുള്ള ഈ കുണപത്തിനെ ശിവദ്വേഷം ചെയ്ത ഈ കുണപത്തിന് ഞാൻ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് ദേവി അവിടെ തന്നെ ശരീരത്തിനെ ഭി തപസ്സാവുന്ന അഗ്നി കൊണ്ട് ശരീരത്തിനെ യോഗമാവുന്ന അഗ്നി കൊണ്ട് അവിടെ തന്നെ ഭസ്മമാക്കി ഭൂതഗണങ്ങള് ദക്ഷയാഗം നശിപ്പിക്കാൻ പുറപ്പെട്ടു ഭൃഗുമഹർഷി അവിടെ യാഗാഗ്നിയിൽ നിന്നും ഋഭവന്മാർ എന്ന പേരോടുകൂടെ കുറെ ദേവന്മാരെ ഉണ്ടാക്കി ദേവസൈന്യം ഭൂതഗണങ്ങൾ അവിടുന്ന് ഓടിപ്പോയി ബാക്കിയുള്ളവർ ഈ സമയം ശിവൻ കോപിച്ച് ശക്തിയെ വിട്ടു പിരിഞ്ഞ് ശിവൻ കോപിച്ച് ജടയിൽ നിന്നും ഒരു രോമം പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ വന്നു നിന്നു രോമത്തിൽ നിന്നൊരംശം ഭഗവാന്റെ അനേക ഭൂതഗണങ്ങളോടുകൂടെ അയാളോട് പറഞ്ഞു ആ കിങ്കറനോട് പറഞ്ഞു വീരഭദ്രനോട് പറഞ്ഞു ചെന്ന് ഈ ദക്ഷയാഗം അസ്തമിച്ചിട്ട് വരിക അവസാനിപ്പിച്ചിട്ട് വരാ ഭൂതഗണങ്ങളൊക്കെ കൂടെ വന്നു ദക്ഷയാഗം മുഴുവൻ അപ്പൊ തന്നെ തീവച്ചു ദക്ഷയാഗം മുഴുവൻ ദക്ഷയാഗത്തിലുള്ളവരെയൊക്കെ പലരെയും വധിച്ചു കുറെ പേര് ഓടിപ്പോയി ഭൃഗുമഹർഷിയുടൊടിയുംീശയും ഒക്കെ തീ കൊടുത്തു അത്രയും ദക്ഷന്റെ തല വെട്ടി തീയിലിട്ടു ഇങ്ങനെയൊക്കെ അസ്തമിച്ചു അതായത് യാഗം രണ്ടു വിധത്തിലും മുടങ്ങും ഒന്ന് അഹങ്കാരത്തോട് തുടങ്ങിയ യാഗം നടുവില് മുടങ്ങിയ അമംഗളം ഇനിയൊരു യാഗം മുടങ്ങും കുറച്ചു കഴിഞ്ഞ് നമ്മൾ നാളെ കാണും മഹാബലി തുടങ്ങിയ അശ്വമേധയാഗം നർമ്മദാ നദിക്കരയിൽ മുടങ്ങും അവിടെ മുടങ്ങുമ്പോ ശുക്രാചാര്യരോട് ഭഗവാൻ പറഞ്ഞു മഹാബലിയുടെ യാഗം പകുതിയിൽ മുടങ്ങിയല്ലോന്ന് അങ്ങ് വിഷമിക്കേണ്ട ശുക്രാചാര്യര് ചിരിച്ചു കൊണ്ട് പറഞ്ഞു യാഗം എവിടെ മുടങ്ങി യാഗമൊന്നും മുടങ്ങിയില്ല ശുക്രാചാര്യര് പറഞ്ഞു ഭഗവാനെ യാഗത്തിന്റെ ലക്ഷ്യമെന്താണ് ഈശ്വര സാക്ഷാത്കാരം പകുതിയിലെ അങ്ങ് വന്ന ബാക്കി എന്ത് ചെയ്യണം അപ്പൊ യാഗം മുടങ്ങിയതൊന്നുമില്ല ഏത് കർമ്മമായാലും ശരി എപ്പ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ആ കർമ്മത്തിന്റെ പകുതിയോ കാൽഭാഗമോ അരഭാഗമോ അവിടെ തന്നെ പൂർത്തിയായി അത് അവിടെ ഉപേക്ഷിക്കാം എല്ലാ കർമ്മത്തിന്റെയും ലക്ഷ്യം ബ്രഹ്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനത്തിനുള്ള പക്വത വന്നാൽ കർമ്മം തല ഒരു നാല് ചുറ്റും അങ്ങോട്ട് നാല് ഇങ്ങോട്ട് ചുറ്റി വലിച്ചെറിയാം കർമ്മത്തിന് അത്രയോ അല്ലാതെ ഇവിടെ ഡ്യൂട്ടിയൊക്കെ അത്രയേ ഉള്ളൂ ഈശ്വര എല്ലാ ഡ്യൂട്ടിയുടെയും ലക്ഷ്യം ഈശ്വര മാർഗം തുറന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ ഇങ്ങനെ എങ്ങനെ ചുറ്റി വരേറും അപ്പൊ അങ്ങനെ വിട്ടാ പറ്റുമോ എന്ന് വെച്ചാൽ അത് തനിയേ ശരിയായിക്കൊള്ളൂ ഈശ്വര സാക്ഷാത്കാരത്തിന് വഴി തുറന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടിയെ അങ്ങനെ ഞങ്ങൾ മാറ്റി ഒരേറു കൊടുത്താൽ ആ ഡ്യൂട്ടി തനിയെ ശരിയായിക്കൊള്ളും ഗോപസ്ത്രീകളൊക്കെ ആലോചിച്ചു കൊണ്ട് നിന്നിരുന്നുവെങ്കിൽ ഓ അടുക്കളയിൽ പകുതി ചോറ് വെച്ചിരിക്കണു പാല് ഇപ്പോഴേ അടുപ്പിൽ വെച്ചിട്ടുള്ളൂ പുല്ലാംകുഴല് കുറച്ചുകൂടെ കൂടെ നേരം വായിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു കൃഷ്ണൻ കുറച്ചുനേരം കൂടെ ഓടക്കുഴല് വായിച്ചോട്ടെ ഞങ്ങൾക്ക് ഇതാ ഇപ്പോഴേ കൂട്ടാന് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ ിയും അതില് മഞ്ഞൾ ഇട്ടിട്ടില്ല മുളകിട്ടിട്ടില്ല കടുക് വറുത്തിട്ടിട്ടില്ല അതും കൂടെ കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ആ പുല്ലാങ്കുഴയിൽ വായന അവിടെ നിൽക്കും പോക്കുണ്ടാവില്ല ആളെ കാണില്ല അപ്പൊ എപ്പൊ വായന കേൾക്കണോ അപ്പൊ ഇട്ടിട്ട് പോകണം യഥഹരേവ വിരജയിത് തഥഹരേവ പ്രപ്രജിത് രാവിലെ എട്ടേ മുക്കാലായാൽ പകുതി ആയാലും നിർത്തിയിട്ട് വരണം എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഒമ്പത് മണിന്ന് വെച്ചത് അപ്പോഴും പത്തുമണി പതിനിയാണോ അപ്പൊ ബാക്കിയൊക്കെ അവിടെ നിൽക്കും അതപ്പൊ നന്നായിക്കോളും അല്ലാതെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിട്ട് സപ്താഹത്തിന് നേരം വൈകിയാ കൂട്ടാൻ കരി പിടിക്കും ദേവി ശരീരം ഇങ്ങനെ ദക്ഷയാഗം ഇങ്ങനെ മുടങ്ങി दक्षयागमोकूवन् भगवानोड़ प्रथन यागम पूर्ति तरण अद्भुत मनोहर संदर्भ शिव रुद्रन का शंकर भगवदगी रुद्राणाम शंकरशास्मी अब शात्म देवता അവിടെ ശങ്കരനായിട്ടുള്ള ദർശനം ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ദർശനം ദേവതകള് പോകുമ്പോൾ പേടിച്ചു പേടിച്ചിട്ടാണ് കൈലാസത്തിലേക്ക് പോണത് അവിടെ പോയാൽ എത്ര കോപിച്ചിരിക്കോ സതിയെ പിരിഞ്ഞിരിക്കുകയാണല്ലോ ഈ ഭയത്തോടുകൂടെ ദേവതകള് കൈലാസത്തിലേക്ക് പോകുമ്പോ അവിടെ ദൂരത്തുനിന്ന് ഭഗവാന്റെ ദർശനം ഇവർക്ക് കിട്ടുകയാണ് സതിയെ പിരിഞ്ഞിരിക്കുന്ന ഭഗവാൻ അപ്പോഴാണ് ദക്ഷിണാമൂർത്തി ഭാവം തസ്മിൻ മഹായോഗമയേ ു ശരണേസുരാ ദൃശു ശിവമാസീനം തയക്തമർമിവാക്കനന്ദ മഹാസിദ്ധൈ ശാത്ത സംശാന്തശാത്ത സംശാന്ത വിഗ്രഹം ഉപസ്യമാനം സഖ്യ ചർ ഗ ഗുഹ്യകരക്ഷസൂരത്തു നോക്കുമ്പോ വടവൃക്ഷച്ചവട്ടല ഇടതുകാൽ മേൽ വലതുകാൽ കയറ്റിവെച്ച് കയ്യിൽ ചിന്മുദ്രയോടുകൂടെ ജപമാലയോടുകൂടെ കഴുത്തിൽ അനേകം രുദ്രാക്ഷമാല ധരിച്ച് ഭസ്മം ധരിച്ച് കയ്യിൽ ദണ്ടോടുകൂടെ കമണ്ടലുവോടുകൂടെ അതീവ പ്രശാന്തമൂർത്തിയായിട്ട് ചുറ്റുമിരിക്കുന്നവരോ സാധാരണ ഭൂതഗണങ്ങൾ കുട്ടിക്കരണം പറഞ്ഞുകൊണ്ട് ഇരിക്കണുണ്ടാവും അവിടെ ആരുമില്ല ശാന്തൈഹി സംശാന്ത വിഗ്രഹം സനകൻ സനന്തനൻ സനാതനൻ സനത്കുമാരൻ പിന്നെ എന്തു വേണം അങ്ങനെയുള്ള ബ്രഹ്മസഭ നടക്കണോ അത്രേ സതീദേവി മരിച്ചുപോയോ മരിച്ചുപോയ വീടാണോ അത് അല്ലേ മരിച്ചുപോയ വീടുകളിൽ ദൂരത്തുനിന്ന് തന്നെ കരച്ചല് കേൾക്കും ദുഃഖം കേൾക്കും തലക്കടിച്ച് കരയണുണ്ടാവും പക്ഷെ ഇവിടെ ആവുമ്പോ കരച്ചലോ ദുഃഖമോ ഒന്നും കാണാനില്ല സന്തോഷമാണോ സന്തോഷവും ഇല്ല സന്താപവുമില്ല ഇപ്പ ആരോ പറഞ്ഞു ഈയിടെ ഇപ്പൊ ഒന്നും ആളുകൾ അത്രയൊന്നും മരിച്ചു കഴിഞ്ഞാൽ കരയണില്ല ആളുകൾക്കൊക്കെ അറിവ് വന്ന മട്ടാണെന്നാണ് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കരയാത്തത് അറിവ് വന്നത് കൊണ്ടൊന്നുമല്ല സ്നേഹവുമില്ല അതുകൊണ്ടാണ് പോയാ പോട്ടെ എന്നുള്ള മട്ടാണ് സ്നേഹവുമില്ല കുറെ കരയണം സ്നേഹം കരയണം പിന്നെ ജ്ഞാനം വന്നാ എങ്ങനെയുണ്ടാവും ചെയ്തേ ഇതുപോലുണ്ടാവും ജ്ഞാനം വന്നിട്ടാണ് ദുഃഖിക്കാതിരിക്കണതെങ്കിൽ അറിവ് കൊണ്ടാണ് ദുഃഖിക്കാതിരിക്കണതെങ്കിൽ ഇതാ ഇവിടെ ശ്രീപരമേശ്വരൻ ഇരിക്കണു സതീദേവി തന്റെ അർത്ഥം കൊടുത്ത ആളാണേ വെറു ഒരു ഭാര്യയല്ല ഓ പ്രേമണാ അർദ്ധം അതാത് സതാംപ്രിയഹ പറഞ്ഞാൽ കേക്കാതെ ദേവി ഇറങ്ങി പോകുമ്പോ മൈത്രേയ മഹർഷി വിതുരന് കഥ പറയുമ്പോ പറഞ്ഞു പ്രേമം കൊണ്ട് തന്നെ തന്നെ പകുത്തുകൊടുത്ത ഭർത്താവിനെ വിട്ടിട്ട് പോകണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഭർത്താവ് അത്ര കണ്ട് പ്രേമം കൊണ്ട് തനിക്ക് തന്നെ തന്നെ പകുത്തുകൊടുത്ത പരമേശ്വരൻ ഇപ്പൊ സതിയെ പിരിഞ്ഞിരിക്കുമ്പോ എങ്ങനെ ഇരിക്കണോന്ന് വെച്ചാൽ ഇവരോ ശിവൻ കോപത്തോടെ ഉണ്ടാവോ എന്ന് വിചാരിച്ചു പോകുമ്പോ തസ്മിൻ മഹായോഗമയേ തസ്മിൻ മഹായോഗമയേ മുമുക്ഷു ശരണേ സുരാഹാം ആ സമയത്ത് അവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ മുമുക്ഷു ശരണേ ശിവന്റെ അടുത്ത് ഉള്ളവര് ബുഭുക്ഷുക്കളല്ല ചാപ്പാട് കിട്ടാൻ വേണ്ടി പോണവരല്ല ആർത്തി തീർക്കാൻ വേണ്ടി പോണവരല്ല ആഗ്രഹത്തോടു കൂടെ പോണവരല്ല ചുറ്റുമുള്ളവരൊന്നും സാധാരണക്കാരല്ല അത്രേ അവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ സനകൻ സനന്തനൻ സനാതനൻ സനത്കുമാരൻ മുതലായിട്ടുള്ള ബ്രഹ്മകുമാരന്മാര് എല്ലാവരും ബ്രഹ്മവിദ്യാ സമ്പ്രദായ പ്രവർത്തകന്മാർ അങ്ങനെയുള്ള ജ്ഞാനികൾ അങ്ങനെയുള്ളവരൊക്കെ ഭഗവാന്റെ മുമ്പിൽ ആ ദിവ്യമൂർത്തി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ദ തൃശുഭൂ ശിവം ആസീനം തക്താവർഷമി വന്തകം കോപമൊക്കെ വിട്ട് പരമപ്രശാന്തമൂർത്തിയായിട്ട് ഇരിക്കണം മഹാസിദ്ധന്മാരൊക്കെ മുമ്പിൽ ഇരിക്കണു വാത്സല്യം കൊണ്ട് ലോകമംഗളം ചെയ്യുന്ന സർവേശ്വരൻ തപസ്വികൾക്ക് വേണ്ട വേഷവും സ്വീകരിച്ചവിടെ ഇരിക്കുമ്പോ നാരദ മഹർഷിയാണ് പ്രഭാഷണം തുടങ്ങി വെക്കുന്നത് ശിവൻ ഇങ്ങനെ ശാന്തമായിട്ട് ഇരിക്കണു നിറഞ്ഞു നിൽക്കണു സദസ് സിദ്ധന്മാരും ഒക്കെ ഇരിക്കണു ഇദ്ദേഹം അർദ്ധനിമീലിതമായ കണ്ണുകളോടുകൂടെ സമാധിസുഖം അനുഭവിച്ചിരിക്കുകയാണ് അപ്പൊ ദേവതകളും ഒക്കെ പേടിച്ച് പേടിച്ച് പേടിച്ച് നിൽക്കണണ്ട് അപ്പൊ നാരദ മഹർഷിക്ക് ഒരാഗ്രഹം പരമേശ്വരൻ ഇപ്പൊ എന്ത് അവസ്ഥയിലിരിക്കണു എന്നുള്ളത് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും അതായത് മരിച്ച വീട്ടിൽ എന്തിനെ വർത്തമാനം പറയും മരിച്ച ആളുടെ ഗുണത്തിനെ മരിച്ച ആളുടെ സുഖത്തെ ഉണ്ടായിരുന്നപ്പോ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും വലതുമൊക്കെ വർത്തമാനവും ഉണ്ടാവും അപ്പൊ പരമേശ്വരനോട് നാരദ മഹർഷി പതുക്കെ പ്രബോചന്തം നാരദായ പ്രഭോചന്തം നാരദൻ നമസ്കരിച്ചു നമസ്കരിച്ച് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കായിക്കൊണ്ട് പറയണം ഭഗവാൻ ഉടനെ പറഞ്ഞു ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല അതിൽ നിന്നൊന്നും ജനിക്കണില്ല ഒന്നും മരിക്കണില്ല ആർക്കും ഇവിടെ ജനനമില്ല മരണമില്ല അഖണ്ഡാനന്ദരവുമായ ആ ബ്രഹ്മവസ്തുവിൽ ഇവിടെ സതി എന്നൊരാൾ ഉണ്ടായിട്ടേ ഇല്ല ജനിച്ചിട്ടേ ഇല്ല എന്നിട്ട് വേണ്ടേ മരിക്കാൻ ഇവിടെ സതി എന്ന ദക്ഷനോട് ദ്വേഷമുണ്ടോ ദ്വക്ഷൻ ഇല്ല എന്നിട്ട് വേണ്ടേ ദ്വേഷിക്കാൻ അപ്പൊ ഈ കാണിച്ചതൊക്കെ അതൊക്കെ വെറും നാടകം ലോകവ്യവഹാരത്തിൽ സംഹാരം ചെയ്യണം സംഹാരം ചെയ്യുമ്പോഴും ആനന്ദ താണ്ടവം എന്നാണ് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ അങ്ങനെയാണ് രക്ഷസുകളും ദേവതകളും മറ്റുമൊക്കെ നടി പേടിച്ചു വരയ്ക്കുമ്പോ ആനന്ദതാണ്ഡവത്തോടുകൂടെ സംഹാരം എന്നുവെച്ചാൽ എന്താ ഇവിടെ ഒന്നും സംഭവിക്കണില്ല എന്നറിയാം സൃഷ്ടിസ്ഥിതി സംഹാരം ഒന്നും വാസ്തവമല്ല അഖണ്ഡമായ ബ്രഹ്മവസ്തു മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് സൃഷ്ടിയും ചെയ്യാം സംഹാരവും ചെയ്യാം എന്തും ചെയ്യാം ഇങ്ങനെ കുറച്ചുനേരം ശിവൻ ബ്രഹ്മതത്വം ഉപദേശിച്ചു തം ബ്രഹ്മ നിർവാണ സമാധിമാസ്ഥിതം ആശ്രിതം വിവാശ്രിതം ഗിരിശം യോഗകക്ഷം സലോകപാലാമുനോ മനൂനാം ആദ്യം മനു പ്രഞ്ജലയുഹ ഇത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു ഭഗവാനോട് തങ്ങൾ വന്നതിന്റെ ഉദ്ദേശം അവതരിപ്പിച്ചു ദേവതകളുമൊക്കെ സ്തുതിച്ച് ഭഗവാൻ പറഞ്ഞു ദക്ഷനോടെ എനിക്ക് കോപ്പമൊന്നുമില്ല കൊച്ചുകുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് വിഡിത്തം കാണിച്ചാൽ അതിൽ കോപിക്കാൻ എന്തുണ്ട് എന്ന് പറഞ്ഞ് ഒരാടിന്റെ തല വെച്ചു കൊടുത്ത് ദക്ഷന് ശിരസ് വീണ്ടും ഉണ്ടായി ജീവൻ ഉണ്ടായി എന്നാണ് ആടാണല്ലോ നിലവിളിക്കേ മേന്ന് വെച്ചാ എൻറെ എന്റെ എന്റെ അർത്ഥം ഈ ഞാൻ എൻറെ എന്റെ എന്റെ എന്ന് പറയണവർക്ക് പറ്റിയ തല ആടിന്റെ തല അജശീർഷം ആടിന്റെ തല വെച്ചു കൊടുത്തു അങ്ങനെ ദക്ഷയാഗത്തിനെ പൂർത്തി ചെയ്തു ആ ദക്ഷയാഗം വിനയത്തോടെ ദക്ഷൻ ശിവനെ സ്തുതിക്കുകയും കൂടെ ചെയ്തപ്പോ ശിവസ്തുതിയും കൂടെ ദക്ഷൻ ചെയ്തപ്പോ ദക്ഷന് വിനയം വന്നു ആ സമയം യാഗത്തിലെ മഹാവിഷ്ണു ആവിർഭവിച്ചു ഭഗവാൻ അവിടെ ആവിർഭവിച്ചു ഏത് യാഗത്തിലെ വിനയം ഏർപ്പെട്ടുവോ അഹങ്കാരം യജിക്കപ്പെട്ടുവോ അഹങ്കാരത്തിന്റെ തലയജിക്കപ്പെട്ടതോടുകൂടെ അവിടെ ഭഗവാൻ ആവിർഭവിച്ചു ഭഗവാൻ ആവിർഭവിച്ചു പറഞ്ഞു അഹം ബ്രഹ്മാജ സർവശ്ച ജഗത കാരണം പരം ഞാനും ബ്രഹ്മാവും ശിവനും ഈ ജഗത്തിന് കാരണമാണ് വാസ്തവത്തിൽ ഇവിടെ ഏകവും അദ്വയവുമായ ഒരേ ഒരു ബ്രഹ്മമേ ഉള്ളൂ ആ ബ്രഹ്മത്തിൽ ശിവൻ ബ്രഹ്മ വിഷ്ണു എന്നൊക്കെ അനേക പേരുകള് ഒട്ടിച്ചു വെച്ചിട്ട് മനുഷ്യൻ അജ്ഞാനം കൊണ്ട് പരസ്പരം കലഹിക്കണു സാക്ഷാത് വിഷ്ണു ഭഗവാൻ തന്നെ ഇവിടെ ഭാഗവതത്തില് ഇത് പറയണു തസ്മിൻ ബ്രഹ്മണി അദ്വിതീയെ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ചൂതാനി ഭേദേന അജ്ഞോ അനുപശ്യതി അറിവില്ലാത്തവൻ മഠയനായിട്ടുള്ളവനാണ് ഈ ഭേദം കൽപ്പിക്കുന്നത് ഇതും ഒരു മായ എന്നാണ് ആചാര്യസ്വാമികൾ മായാപഞ്ചകം എന്നൊന്ന് എഴുതിയിട്ടുണ്ട് ആ മായാപഞ്ചകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയണു യോഗികളെ കലഹിപ്പിക്കാനായിട്ട് മായ കണ്ടുപിടിച്ചൊരു വഴി അത്ര ഇത് ശിവൻ ഇത് വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് തരസ്പരം അടിയിപ്പിക്കാം സാധാരണ ആളുകൾ സ്വത്തിനു വേണ്ടി കലഹിക്കും പറമ്പിന് വേണ്ടി കലഹിക്കും വേലി കാര്യത്തിന് തർക്കിക്കും മേൽപെട്ടു പോയി കുറെ ഒക്കെ ഭക്തിയൊക്കെ ചെയ്താൽ അവര് കലഹിക്കില്ലല്ലോ എന്ന് വെച്ചാൽ അവരെ കലഹിപ്പിക്കാൻ മായ ഒരു വഴി കണ്ടുപിടിച്ചു ശ്ലോകം ഓർമ്മ വരണില്ല അവസാനത്ത് അഘടിതഘട്ടന് ആ പടീയ സീമായ എന്ന് അതായത് ആ കേവലവും അദ്വയവുമായ സർവേശ്വരന്റെ മേലെ ഒരു പേരോ ഒരു രൂപമോ വെച്ചിട്ട് അതിൽ ഭജിക്കാനും പ്രേമത്തിനും വേണ്ടി ഉണ്ടാക്കി അതുമാത്രമേ ഉള്ളൂ എന്ന് കരുതി മറ്റു ദേവതകളോടുകൂടെ ശണ്ടയും യുദ്ധവും കലഹവും ഒക്കെ രാഗദ്വേഷം ഇതിലും വന്നു അതു നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഗവതകാരൻ സാക്ഷാത് ശ്രീ ഭഗവാനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഈ പാരക്യബുദ്ധി ഉള്ളുന്നു പോകണം ത്രയാണം ഏകഭാവാനാം യോന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തി മധിക ഈ മൂന്നിനെയും ഒന്നായിട്ട് ആര് കാണുന്നുവോ മൂന്നിനെയും ഒന്നായിട്ട് കണ്ടാ പോരാ സർവഭൂതങ്ങളെയും സർവചരാചരങ്ങളിലും ഒന്നായിട്ടുള്ള അദ്വയമായിട്ടുള്ള ആത്മാവിനെ ആര് കാണുന്നോ അവന് ശാന്തി ഉണ്ടാവും സ ശാന്തി അധികം ഇങ്ങനെ രക്ഷയാഗത്തിന്റെ ഉദ്ദേശം ഇതാണ് ഇങ്ങനെ രക്ഷയാഗം കഥ ഭട്ടതിരി പറഞ്ഞു